വളരെ സിമ്പിളാണ് പ്രോസസ് കൗൾ കൊള്ളാനല്ലേ വായിൽ കൊള്ളാവുന്നിടത്തോളം അതിനും വായിൽ കൊള്ളാനാണ് കൗൾ കൊള്ളാൻ വേണ്ടി മാത്രമാണ് കുടിക്കാനല്ല കഴിക്കാനല്ല അതുകൊണ്ട് നിങ്ങളുടെ കൗളിന്റെ വലിപ്പം അനുസരിച്ചെടുക്കാം പല പ്രാവശ്യം ചെയ്യണം വായിൽ ക്യാൻസർ വന്നവർ പല പ്രാവശ്യം ചെയ്യണം ഒരു ദിവസം രണ്ട് മൂന്നും നേരമൊക്കെ ചെയ്യാം അതൊരു പഴയ ആളുകളുടെ ഒരു ഗോപിയായിരുന്നു ആ പഴയ കാലത്ത് അതിന്റെ പൃഷ്ഠ എടുത്ത് ഇവിടെ വെച്ചാല് കുയി അവിടെ പൊട്ടു തൊട്ട പോലെ ഇരിക്കും എല്ലാ കാലവും കോശങ്ങളെ ഇത്ര വേഗത്തിൽ പിടിക്കുന്ന ഒരു റേഡിയേഷൻ വരെ ഇല്ല മനസ്സിലായില്ല റേഡിയേഷൻ ചെയ്യുമ്പോഴും ആ കോശ പോകുന്നത് റേഡിയേഷൻ ചെയ്യുമ്പോ നല്ല കോശം പോവും ഇതിൽ പോവില്ല ഇതൊക്കെ ചെറുപ്പത്തിൽ കണ്ടു വളരുന്ന നാട്ടും പുറത്തും ഒരുമാതിരി കൊള്ളാവുന്നത് അന്തയും തള്ളയും എന്നാ നിങ്ങൾ തല്ലും കാണാൻ പറ്റും ഇത് ചെറുപ്പത്തിലൊരു വിനോദമാണ് പിള്ളേരുടെ നിങ്ങളുള്ള പ്രയോഗങ്ങളുണ്ട് കൗൾകൊള്ളുന്നതിന് ഒട്ടു വളരെ പ്രയോഗങ്ങളുണ്ട് ഇത് വ്രണരോപണങ്ങൾക്ക് ഒരുപാട് ഔഷധങ്ങൾ പ്രാചീനങ്ങൾക്കറിയും പനിക്കൂർക്കയില നീരും തേനയും കൗൾ സാധാരണ ക്യാൻസർ ഒക്കെ പുറമറക്കും വയലെ ആദ്യം പോയിത് ക്യാൻസർ ആണെന്ന് പേര് കേട്ട് ഭയം ഉണ്ടാക്കി കോശത്തിൽ ഉറപ്പിച്ചിട്ട് ചെയ്യാൻ പോകരുത് പരീക്ഷിക്കാൻ പോകുന്നതിന് പോയി ചെയ്തേച്ചു പോണം അവിടെ ചെല്ലുമ്പോ നോക്കുമ്പോ കുഴപ്പൊന്നുമില്ല എന്ന് പറയും അപ്പൊ ഒരു സുഖം വളരെ എളുപ്പമാണ് ചികിത്സ ഇതിൽ ഏതെടുത്ത് പ്രയോഗിച്ചാലും മാറിയിരിക്കും ഇതൊക്കെ വീട്ടിൽ പ്രയോഗിച്ച് കാശൊന്നും അധികം മുടക്കാതെ മാറുമ്പോ ജനജീവിത ആരോഗ്യമുള്ളതായി തീരും ഇത് ആരോഗ്യത്തിന് വേറെ ആരാണ്ടോ ചെപ്പിനകത്ത് മരുന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞു പോയി എന്തോ പൊതുജു കഴിക്കാൻ പോകുമ്പോ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന എത്രയൊക്കെ ഉള്ളു കാരണം എന്താ വെച്ചാൽ ഓരോ വ്യക്തിയിലും കോശത്തിൽ വരുന്ന പരിണാമത്തിന് വ്യത്യാസം ഉള്ളത് അതിനനുഗുണങ്ങളായ ബുദ്ധികൾ പ്രയോഗിക്കണം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും വ്യത്യസ്തമായ ആഹാരം കഴിക്കുകയും വ്യത്യസ്ത കാലാവസ്ഥകളിൽ ജീവിക്കുകയും വ്യത്യസ്ത ജനിതകങ്ങളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യുന്ന എല്ലാവരും കൂടി ഗവേഷണം ചെയ്തൊരു കമ്പനി കുറേ മരുന്നിറക്കി പട്ടുപിടിപ്പിച്ച് ലേബലും വിലയും വെച്ച് അത് എഴുതും തരാൻ കുറെ പേരെയും സൃഷ്ടിച്ച് ഈ ലോകത്തിന് മുഴുവൻ ആരോഗ്യം തരുമെന്ന് വിശ്വസിക്കുന്ന വിദ്ധികളുടെ സ്വർഗമാണ് നിങ്ങളുടെ ആരോഗ്യരംഗം എന്നത് അതിന്റെ അശാസ്ത്രീയത തിരിച്ചറിയാൻ ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് പനി മുതൽ ക്യാൻസർ വരെ സമസ്ത രോഗങ്ങൾക്കും മരുന്ന് കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു മേടിച്ചുകൊണ്ട് പോന്നാൽ മതി എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ കാഴ്ച അയക്കേണ്ട കാലം കഴിഞ്ഞു ജനജീവിതം വികസിച്ചിട്ടും വിവരമുണ്ടായിട്ടും വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയ്ക്ക് ഇതിനേക്കാൾ ക്ലേശകരമായി മറ്റൊന്നും ഉണ്ടായാൻ ഇടയില്ല ഭാഷയ്ക്ക് കാലും കഴിയും വയ്ക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാം ഞാൻ പറഞ്ഞത് അപ്പോഴെ തെറ്റാണ് അന്ധവിശ്വാസമാണ് കാലം വ്യത്യസ്തം ദേശം വ്യത്യസ്തം ആഹാര ജനിതക എണ്ണം വ്യത്യസ്ത ഇതിനെല്ലാത്തിലും കൂടെ മനസ്സിലായില്ല ആ ഇത് അത് ശരിയായില്ല ഡോക്ടർ എന്നാൽ ഇത് മനസ്സിലായില്ല അത് ശരിയായില്ല ഡോക്ടർ എടോ ശരിയായ കേൾ ഇത് മനസ്സിലായില്ല എന്താ ചെയ്യണ്ടേ ശരിയായ കേൾ എന്ന് തീരുമാനിച്ചു കീഴിലോട്ട് പോവാ അപ്പൊ പോയ കാശോ അഞ്ചെട്ട് ലക്ഷം എടോ ഇതാ ചികിത്സ രാവിലെ തമിഴ്നാട്ടിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന് തന്ത് കഴിയുമ്പോൾ കൊമ്പയിലൊരു ബന്ധവും വെച്ച് വീണ്ടും നടക്കാൻ വിധിക്കപ്പെട്ട് ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും ഫ്ലൈറ്റിലെത്തുന്ന കാളയെ പോലെ നടക്കേണ്ടി വരുന്ന വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ്റെ ഗതി ആട്ടിത്തെളിക്കുന്ന വഴിയെ സഞ്ചരിക്കുകയും സ്വയം ചിന്തിക്കാൻ ഒരിക്കലും വിധിക്കപ്പെടാതിരിക്കുകയും ആരുടെയെങ്കിലും ഫ്ലൈറ്റിൽ നാളെ തീരേണ്ടതായി തീരുകയും ചെയ്യുന്ന ഈ ജീവിതക്രമത്തിന് മുമ്പിൽ അല്പനേരമെങ്കിലും ഒന്ന് ചിന്തിച്ച് നിന്നിരുന്നെങ്കിൽ എന്നയെ നിങ്ങൾ രക്ഷപ്പെടുവു പുട്ടല്ല എനിക്കിഷ്ടം അതിൻ്റെ ഇടയിലെ തേങ്ങയാ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തേങ്ങ നിങ്ങൾ ഈ പേനയെ പിടിച്ച് പുട്ടിനാകാത്തിരിക്കുന്നത് മനസിലായില്ല അല്ലെങ്കിൽ പുട്ട് വേരുകയില്ല അതാണ് ഈ വിവരയില്ലാത്ത അമ്മമാരിലപ്പഴ് ഈ പൊടിയെല്ലാം കൂടെ കൂടി വരും തള്ളിക്കേറ്റ മനസ്സിലായില്ല അവസാനിത് പോക്ക് പൊട്ടുന്ന പോലെ തരുന്നിരിക്കും കണ്ടിട്ടില്ല ഏ ആദ്യമായിട്ടില്ലപ്പോ കല്യാണമൊക്കെ കഴിച്ചില്ല ഡോക്ടർക്ക് പുട്ടുണ്ടാക്കാൻ കയറും മനസ്സിലായില്ല അത് ആദ്യം കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ട് പിന്നെ പുട്ടിന്റെ പൊടി ചെറുത് മന്തമായിട്ട് മനസ്സിലായില്ല അതിന്റെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ അറച്ചു കൊടുത്ത് പതുക്കെ അടച്ചിടയ്ക്ക് കുത്തിക്കേറ്റിയോന്നും ഇത് നല്ലൊരു തികത്താ വിചാരിച്ചു അപ്പൊ ഇത് കഴിച്ചാല് മാറും അതിലേറ്റവും നല്ല മരുന്നും ഒന്നാം നമ്പർ മരുന്നും വായിലെ ക്യാൻസർന്ന് ആ നേറിന്റെ കൂടാണ് അത്ര എഫക്റ്റീവായിട്ടൊരു മരുന്നില്ല പോവും എങ്ങനെയാ കുറച്ചൊന്നും കവൾക്കുള്ള കുറെ അത് പോവും ഇത് വളരെ ബെസ്റ്റാണ് കുട്ടഞ്ചേരി മൂസിന്റെ അതുല്യ പ്രയോഗങ്ങളിലൊന്നാണ് ലക്ഷക്കണക്കിന് ആളുകളെ കുട്ടഞ്ചേരി മൂസ് ഈ ഒരൊറ്റ പ്രയോഗം കൊണ്ട് രക്ഷിച്ചിരുന്നു ചരിത്രത്തിലെ നിർണായക ചികിത്സകളിലൊന്നാണ് മൂസ് അതീവ രസികനും വൈദ്യശാസ്ത്ര രംഗത്ത് അത്ഭുത പ്രവർത്തകനും പറയും മൂസിനെ പരിചയപ്പെട്ടവൻ ഒരിക്കലും ദുഃഖിക്കില്ലെന്നാണ് കൊണ്ട് പറയുക ആ കണ്ടാൽ പോലും മനുഷ്യ ആരോഗ്യത്തിലേക്ക് എത്തുമെന്ന് പണ്ടുള്ളവർ പറയും ആ മൂസിന്റെ അതുല്യപ്രഭാവമായ പ്രയോഗങ്ങളിൽ അത്യാദരപൂർവം അവതരിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഈ നീറും കൂട് കേട്ടിട്ടുണ്ടോന്നറിയില്ല കേട്ടിട്ടുണ്ടോ നറുനീന്റി നന്നാറി ക്യാൻസറിലെ ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിൽ ഒന്നാണ് നറുനീന്തി രണ്ട് പാടക്കിഴങ്ങ് മൂന്ന് അമൃതപ്പാല അതും കിഴങ്ങാണ് അമൃതപ്പാല എല്ലാ ക്യാൻസറിനും നല്ലതാ വായിൽ മാത്രല്ല അമൃതപ്പാലയുടെ ബൊട്ടാണിക്കലിനെയും സരസ്വതി അലയാൽ പത്രയാണ് സരസ്വതി എന്ന ഒരു കേരള സ്ത്രീയാണ് ബോട്ടണിക്ക് സംഭാവന ചെയ്തത് ആദിവാസികൾ വൻതോതിൽ ഉപയോഗിച്ചിരുന്ന അഗസ്ത്യർ കൂടത്തിലാണ് ഈ ഔഷധമുള്ളത് സരസ്വതി അരയാൽ പത്ര ആലിന്റെ ഇലയോട് സാദൃശ്യമുള്ള ചെറിയ ഇലയും കുറ്റിയായി നിൽക്കുന്ന കമ്പുകൾ കിഴങ്ങിന് നറുനീണ്ടിയുടെ മണവും കൽക്കൂട്ടങ്ങളിൽ വളരുന്ന സ്വഭാവവും ഒരു സസ്യമാണ് ജാനകീ അരയാൽ പത്ര അല്ലെങ്കിൽ അമൃതപ്പാല അല്ല സോറി അമൃതപ്പാല അല്ലെങ്കിൽ സരസ്വതി അരയാൽ പത്ര കറയുണ്ട് വെളുത്ത ഒരു കറയുണ്ട് ബ്രസ്റ്റിലെ ക്യാൻസറിന് വളരെ അത്യുത്തമമാണ് കിഴങ്ങ് വർഗങ്ങളിൽ ക്യാൻസറിന് അത്യ അപൂർവമായി ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഞാൻ പറഞ്ഞ പാടക്കിഴങ്ങ് Undi, pbala, ni, إذا, allasa, allada, keep keep Now, ി അമൃതംപാല കൊടുവേലി കിഴങ്ങ് ചെമ്പ്രാവള്ളി കിഴങ്ങ് ഇതെല്ലാം നല്ലതാണ് ഞാൻ അതിലിപ്പോ പറയാൻ പോകുന്നത് അറിവേണ്ടി മാത്രമാണ് അറുനേണ്ടി പറഞ്ഞപ്പം ഇനി മുമ്പോട്ട് പറയുമ്പോൾ എല്ലാവരും ഓർമ്മ വന്നില്ലെങ്കിൽ ഇരിക്കട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരുമാതിരി ഓർക്കാൻ വേണ്ടി എന്റെ ഓർമ്മ വരുന്നവർക്ക് നോട്ട് ചെയ്ത് നോട്ട് ചെയ്താ നിങ്ങളോട് പറയുന്നത് അല്ലാതെ ഞാനൊരു പുസ്തകത്തിൽ നോട്ട് ചെയ്യുന്ന അല്ല കൊടുവേലി കിഴങ്ങ് അറുനീണ്ടി കിഴ അല്ല ചമ്പ്രാവള്ളിക്കട ഇവയ്ക്ക് ഓർമ്മ കിടക്കുന്നവ ഓർക്കുമ്പോഴൊക്കെയും നോട്ടിലേക്ക് എഴുതിയിട്ട് നിങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു പുസ്തകത്തെ ആധാരമാക്കിയല്ല പറഞ്ഞിരുന്നത് അതിൻ്റെ പോരായ്മകൾ ഉണ്ടാവും മനസ്സിലായില്ല അപ്പോൾ ചിലത് വിട്ടുപോകുമെന്ന് സാരം ഞാൻ പറയാത്തവയാണ് പറഞ്ഞവയേക്കാൾ ഗംഭീരങ്ങൾ കാരണം ഏത് ഔഷധമാണോ മറന്നുപോകുന്നത് അവ രഹസ്യയോഗങ്ങളാണെന്നാണ് പൂർവാചാര്യന്മാരുടെ മതം മതം പുണ്യമുള്ളപ്പോൾ മാത്രം ഓർമ്മയിൽ വരുന്നവയും പുണ്യമുള്ളവൻ ചികിത്സയ്ക്ക് വരുമ്പോൾ മാത്രം വൈദ്യന്റെ ഓർമ്മയിലേക്ക് എത്തുന്നവയും ഉത്തമവുമാണെന്നാണ് പ്രാചീന മതം ആയിരം ഔഷധങ്ങൾ പഠിച്ചാലും മുമ്പിൽ കാണുമ്പോൾ അവനും മാറാനുള്ളത് തോന്നണമെന്നുണ്ടെങ്കിൽ അവനും പറഞ്ഞു കൊടുക്കുന്നവനും ഒരുപോലെ പുണ്യം അതിന് സത്യവും അഹിംസയും അസ്ഥേയവും ഒക്കെ പഠിക്കണം സത്യം അഹിംസ അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇവ വൈദ്യശാസ്ത്രത്തിൽ അത്യന്ത അത്യന്ത അപേക്ഷിതങ്ങളായിത്തീരുന്നത് ഈ അർത്ഥത്തിലാണ് വൈദ്യശാസ്ത്രം ഇന്ന് വെള്ളം ചേർക്കാതെടുത്തോരമൃതന് സമമാം നല്ലിടാൻ കള് ചെല്ലിൽ വെള്ള ക്ലാസിൽ പകർന്ന് രുചികരമം മത്സ്യം മാംസാദി കൂട്ടി തോതിൽ ചെലുത്തി ചിരികളികൾ തമാശത്ത് മേളിക്കുന്നിടത്താണ് സംഭ്രമജനകമായി വളരുന്നത് മനസ്സിലായില്ല വൈദ്യന്മാരും ഡോക്ടർമാരും ഒരു പൂശി കെളിവില്ലാതിരിക്കുമ്പോഴാണ് മരുന്ന് കുറിക്കുന്നത് മനസ്സിലായില്ല അത്തരം ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് ഔഷധങ്ങളും ഔഷധകലനങ്ങളും രൂപാന്തരപ്പെടില്ല നിശ്ചയം ഉദാരമായ സ്വഭാവശുദ്ധിയുടെ അന്തസ്ഥ തലങ്ങളെ പുലുകിയൊഴുകിയാൽ മാത്രമേ വൈദ്യശാസ്ത്രം അതിൻ്റെ അനന്ത ഘണികളിൽ നിന്ന് അപൂർവങ്ങളായ ഔഷധങ്ങളെ മുങ്ങി തപ്പി എടുത്തുകൊണ്ടിരുവാൻ മനസ്സിനെ സമ്മതിക്കുകയുള്ളൂ മനസ്സതിൻ്റെ സൂക്ഷ്മ സൂക്ഷ്മതരങ്ങളായ തനുത്വത്തിന്റെ ഭാവഭേദങ്ങളിൽ മുങ്ങി പൊങ്ങുമ്പോഴാണ് ഔഷധം ഗഹനമായ പരാഴിയിൽ നിന്ന് ധന്വന്തരിയുടെ കുംഭത്തിലെന്നപോലെ ഉയർന്നെത്തുക ഇതൊക്കെ അവരുടെ കവിത ഇതൊക്കെ എൻ്റെ അന്ധവിശ്വാസം നിങ്ങൾ സമ്മതിച്ചിടത്തോളം നിങ്ങളുടെ ശാസ്ത്രമോ അതെനിക്കും അന്ധവിശ്വാസം പ്രീതില്ല അതുകൊണ്ട് വളരെ ആലോചിച്ചിരുന്ന കേട്ടാ മതി നിങ്ങൾ പറയുന്ന എല്ലാ ശാസ്ത്രവും എന്റെ സങ്കല്പത്തിൽ വെറും അന്ധവിശ്വാസമാണ് നിങ്ങൾക്കോ ഞാൻ പറയുന്നത് അതിന് ഈ വിരോധമില്ല നമ്മളവർ ഉണ്ടെന്നെങ്കിലും അറിയാൻ ഈ ക്ലാസ് വായി അതുകൊണ്ട് ഈ അന്ധവിശ്വാസമൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാനും എന്റെ വൈദ്യവും ഇല്ല അത് അല്പമെങ്കിലും സമ്മതം തോന്നോ ഏ അല്പമെങ്കിലും സമ്മതം തോന്നോ ആലോചിച്ച് നോക്കുമ്പോ സമ്മതിക്കാൻ പറ്റുമോ അതുകൊണ്ട് ആലോചിച്ചോളുക നടന്നേണ്ടി പറഞ്ഞപ്പോഴെല്ലാം പറഞ്ഞു കിഴങ്ങുകൾ ഒട്ട് വളരെ ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കൊടുവേലിക്കിഴങ്ങ് അതും പ്രത്യേകിച്ച് ചെക്കി കൊടുവേലി ചുവന്ന കൊടുവേലി കൊടുവേലി ചുവന്നത് നീല വെള്ള മൂന്നെണ്ണം ഉണ്ട് പൂവ് നോക്കിയാണ് തീരുമാനം എടുക്കുന്നത് പൂവ് ചുവപ്പുള്ളതാണ് ചെക്കിക്കൊടുവേരി ചെക്കിപ്പൂവ് പോലെ ഇരിക്കും അതിൻ്റെ പൂവ് അതാണ് ഏറ്റവും നല്ല ഔഷധം ചെക്കിക്കൊടുവേരി എല്ലാ ക്യാൻസറിനും ഉപയോഗിക്കുന്നതാണ് ചെമ്പ്രാവള്ളി ഉദരത്തിലെ ക്യാൻസറിന് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഗർഭാശയ സംബന്ധമായ ക്യാൻസറുകളിൽ ചെമ്പ്രാവള്ളി കിഴങ്ങ് അത്യുത്തമമാണ് ബ്രസ്റ്റിലെ ക്യാൻസറിന് ഇത് വളരെ നല്ലതാണ് ചെമ്പ്രാവള്ളി കിഴങ്ങ് കഞ്ഞിവെച്ചു കുടിച്ചാൽ തന്നെ ക്യാൻസർ പോകും ഒരു ചൊല് തന്നെ ഉണ്ട് അങ്ങനെ നമുക്ക് പുറകെ കാണാം പുറമേ ആ സമയത്ത് ആ ക്യാൻസർ പോയിട്ട് വ്യായിലെ ആ വറുത്ത നെയ്യിൽ തന്നെ കലക്കി കുഴമ്പാക്കി പുരട്ടിയാൽ വായിലെ ക്യാൻസർ കൂടു നറുനീണ്ടി കിഴങ്ങ് ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വറുത്ത് അരച്ച് ആ നെയ്യിൽ തന്നെ കലക്കി കുഴമ്പാക്കി വായിൽ പുരട്ടിയാൽ വായിലെ ക്യാൻസർ പോകും നറുനീണ്ടിയോളം രക്തശുദ്ധിപരമായ ഒരു ഔഷധം വേറെയില്ല വേനൽക്കാലത്ത് പഴയ കാലം മുതൽ നറുവീണ്ടിയുടെ സർബത്തുണ്ട് കാരണം രുദ്രസ്രോതസ്സുകളിൽ രക്തവഹകളായ സ്രോതസ്സുകളിൽ പരിണാമം ഉണ്ടാക്കുവാൻ നറുവീണ്ടി വളരെ ഉത്തമമാണ് നന്നാരി സർബത്തെന്ന് പറയും പാലക്കാട് പാലക്കാടിനെ ചൂടുകാലത്ത് പിടിച്ചു നിർത്തുന്നത് ഈ ഒരു സാധനം മാത്രമാണ് വിടുന്നുണ്ടെന്ന് തോന്നുന്നില്ല അതവിടുന്ന് വരുന്നതായിരിക്കും ഏറ്റവും നല്ല അവാരിബാധ്യാസം മുതലായവയൊക്കെ സ്കിന്നിന് കൊടുക്കുന്നതും ഈ അർത്ഥത്തിലാണ് ശാരിബാദി കഷായം അതുകൊണ്ട് നിറനീന്റി വളരെ നല്ലൊരു ഔഷധമാണ് അയമോദകം ഹോമം വളരെ ശക്തമായ ദ്രുതബാഷ്പസ്വഭാവമുള്ള ഒരു തൈലമുള്ള വിത്താണ് അയമോദകം ഉദരസംബന്ധങ്ങളായ എല്ലാ രോഗങ്ങൾക്കും അത്യുത്തമമാണ് അയമോദകത്തിൻ്റെ സത്തെടുത്ത് വെച്ചിട്ടാണ് പഴയ ആളുകൾ എന്തെങ്കിലും ഗ്യാസോ കോഷ്ടവാദം ഒക്കെ വന്നാൽ ഒരു മുട്ടു സൂചിയുടെ തലപ്പത്തോളം വലിപ്പത്തിൽ ജീരക വെള്ളത്തിലേക്കിട്ട് അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ക്ലീനാണ് പക്ഷേ ഇപ്പം കിട്ടുന്ന അയമോദക സത്ത് ഇങ്ങനെ എടുക്കുന്നതല്ല സിന്തറ്റിക്കാണ് അത് ചെന്നാൽ കോശങ്ങൾക്ക് വാർദ്ധകൃം ഉണ്ടാവും ആയുർവേദക്കാർ ഉപയോഗിക്കുന്നത് പോലും പലപ്പോഴും അയമോദകത്ത് കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടുന്നതാണ് കർപ്പൂരം കെമിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ് അതെല്ലാം സിന്തറ്റിക് പെട്രോളിയം ഉൽപ്പന്നമാണ് മനസ്സിലായില്ല അത് പെട്രോളിയം ഉൽപ്പന്നമാണ് വലിയ ചോദ്യം ചെയ്യുന്നതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിനായി നാല് ടാങ്കർ പെട്രോൾ വരുമെങ്കിൽ ഒരു ടാങ്കർ വരുന്നത് വെളിച്ചെണ്ണയിൽ ചേർക്കാനാണ് അത് പെട്രോൾ അല്ല മണമില്ലാത്തതും നിറമില്ലാത്തതും ആയൊരു മനസ്സിലായില്ല അല്ല പെട്രോളിയം ഓയിൽ പെട്രോളിയം ഉൽപ്പന്നം അല്ല കരുതുന്നു അതാണ് നിങ്ങൾക്ക് കുപ്പിക്കാത്ത നിറച്ചിരുന്ന വെളിച്ചെണ്ണ അതുകൊണ്ടാണ് വെളിച്ചെണ്ണയ്ക്ക് വില ഒരിക്കലും കൂടാത്തത് ഈ സാധനം ലിറ്റർ കണക്കിനുള്ളിടത്തോളം കാലമാണ് നിങ്ങക്ക് തേങ്ങക്കും വെളിച്ചെണ്ണയ്ക്കും വില കിട്ടുകയല്ല അതിന് ഫ്ലേവർ ഇഷ്ടം പോലാണ് കിട്ടുന്നത് സിന്തറ്റിക് ഫ്ലേവർ ഏത് ഫ്ലേവറും സിന്തറ്റിക്സ് എടുക്കുന്നുണ്ട് പെട്രോളിയത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് ഏത് ഫ്ലേവറും നിങ്ങൾക്ക് സിന്തറ്റിക് ആയിട്ട് കിട്ടും ഏത് ഓയിലും സിന്തറ്റിക് ആയിട്ട് കിട്ടും നിങ്ങൾ കുടിക്കുന്ന പാലില് ഇന്ന് ഓപ്പൺ മാർക്കറ്റിൽ വരുന്നത് നല്ല ശതമാനം പാല് സിന്തറ്റിക് മിൽക്കാണ് പെട്രോളിയം മിൽക്ക് അഞ്ചു കൊല്ലം വെച്ചാൽ പോലും പിരിയില്ലാത്ത പാൽ മനസ്സിലായില്ല ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ വലിപ്പം ഇന്ന് വളരെ വലുതാണ് ഏത് ഔഷധവും ഉണ്ടാക്കാൻ ചെടിയിൽ നിന്ന് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കണ്ടെത്തിയ സാധനം പെട്രോളിയത്തിൽ നിന്ന് രൂപപ്പെടുത്താം വൻതോതിൽ മാർക്കറ്റിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടക്കുവാൻ സസ്യങ്ങൾ ഉപയോഗിക്കാനാവില്ല അതിന് ഒരുപാട് സുരക്ഷിതത്വ പ്രശ്നങ്ങളുണ്ട് മനുഷ്യർ പെട്രോളിയം ഉപയോഗിക്കുമ്പോൾ പ്രശ്നമില്ല അതാണ് കെമിസ്ട്രി ഇന്ന് രൂപാന്തരപ്പെടുത്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും അവയെല്ലാം മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ കലകളെ സംജാതമാക്കുവാനല്ലാതെ രോഗ പര്യാപ്തമാവുകയില്ല എന്നുള്ളത് കലയുടെ കലനാ വ്യത്യാസങ്ങളെ സൂക്ഷ്മമായി പഠിച്ചാൽ ബോധ്യപ്പെടുന്നതാണ് കോശം എന്താണെന്നും കോശ സ്വഭാവം എന്താണെന്നും കോശവിഭജനം എന്താണെന്നും കോശദ്രവം എന്താണെന്നും അതെങ്ങനെയൊക്കെയാണ് മിറ്റോസിന് വഴിപ്പെടുന്നതെന്നും ഒക്കെ കൃത്യമായൊരു കൗശികൻ പഠിച്ചു കഴിയുമ്പോഴാണ് സിന്തറ്റിക് പദാർത്ഥങ്ങൾ കോശകലനാ വൈദ്യലത്തിൽ വഹിക്കുന്ന പങ്കിനെ ബോധ്യപ്പെടുകയും അതിനനുഗുണമായി മാനവ സമൂഹത്തെയാകെ രോഗാ ദുരത്വത്തിലേക്ക് വലിച്ചരയ്ക്കുന്നതിനെ പഠിക്കുവാൻ കഴിയുന്നതും അതുകൊണ്ട് അയമോദകം എന്ന് പറഞ്ഞ് മേടിക്കുന്നത് തനി അയമോദകായിരിക്കണം ജീരകം മേടിച്ചാൽ അത് സത്തെടുത്ത ജീരകം കളി മേടിച്ചോളും തിന്നുന്നത് ചായക്കിടയിൽ കയറി ദോശ തിന്നുമ്പോ കൊളുകളൊന്നും ഒഴിച്ചിരുന്ന ചട്നി അവന് മടിയില്ല കാരണം അത് പിണ്ണാക്കാം അത് എങ്ങനെയാണെന്ന് പറഞ്ഞ് അടിക്കുന്നവരെ ചട്നിക്ക് കാശില്ലല്ലോ കൊറേ കൂടെ ഒഴിച്ചോളാൻ അവൻ കുറെ കൂടെ ഒഴിച്ചിരും നടന്നു പോകാൻ പറയും ഓ മുട്ടനാട് ഒറ്റ ഇതൊക്കെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരാവുന്ന ഒരുപാട് കാര്യമാണ് അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഭക്ഷണ നിയമങ്ങൾ ഒരുപിടി ഡ്രഗ് കൺട്രോളുകൾ ഒരുപിടി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വന്നതിന് ശേഷമുള്ളതാണ് ഇവരെയൊക്കെ പിരിച്ചുവിട്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൽ മര്യാദയ്ക്ക് പഴയ പോലെ ജീവിച്ചിരുന്നെങ്കിൽ കള്ളപ്പറയും കരിഞ്ചന്തയും കോളി കരുതൊക്കെ കുറഞ്ഞെ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കണ്ടെത്തിയ നിങ്ങളുടെ ഭരണാധികാരികൾ സാങ്കേതികത്വം വർദ്ധിപ്പിക്കും തോറും മനുഷ്യ ജീവിതം ദുസ്സഹമായി തീരുകയും കളവും ചടിയും കൂടുകയും ചെയ്യും വിശ്വാസത്തിൽ ആഴ്ച ജീവിക്കുമ്പോൾ മാനവ ജീവിതം വിശ്വാസപ്രധാനമാവുകയും ഒരേ ഈശ്വരനെ മുൻനിർത്തി മാനവൻ അവനോട് നീതി പുലർത്തുകയും അന്യനോട് നീതി പുലർത്തുകയും ചെയ്യുമ്പോൾ സ്നേഹവും സാഹോദര്യവും വളരും പണ്ട് അങ്ങനെയായി മണ്ണ് സുഖ സുശുദ്ധിയിൽ കഴിഞ്ഞത് അത് നിങ്ങൾ വിദ്യാഭ്യാസം നേടി കുത്തുവാള എഴുപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും പക്ഷെ വസ്തുതയല്ലെന്ന് പറയാനുള്ള പോപ്പൊന്നും നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഇല്ല അതുകൊണ്ട് പോയി ഇനിയും ഒന്നുകൂടെ പഠിച്ച് അതിന് വേണ്ടുന്ന കോപ്പമൊക്കെ സമ്പാദിച്ച് പോവാം നമുക്ക് അന്ന് ഗോതായി വെച്ച് കാണാം ഇന്ന് നൽകാൻ ഇതൊക്കെ കേട്ട് സമാനത്തോടെ പോവാ നല്ലത് ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയല്ല അയമോദകം മേടിക്കുമ്പോൾ നല്ല അയമോദകം മേടിക്കണം അത് മധ്യപ്രദേശിൽ ചെന്നത് വിളയിക്കുന്ന സ്ഥലത്തുനിന്ന് മേടിച്ചു നോക്കുക മൂന്നര നാല് കിലോമീറ്റർ വരെ സ്മെല്ലുണ്ടാവും ജീരകം വാങ്ങിച്ചു നോക്കുക കേരളത്തിലെ പ്രമുഖ ആയുർവേദ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ജീരകവും അയമോദവും കോലഞ്ചേരി വന്നിട്ടുണ്ടാവുന്നത് അവിടെ ഇതിൽ കത്തെടുക്കുന്നുണ്ട് അവിടെ ഒന്ന് വലിക്കും ഒന്ന് വലിച്ചിട്ട് കൊടുത്തുവിടും അപ്പൊ സ്റ്റോറിന്റെ വാണയർക്ക് നല്ലൊരു തുകയോടെ എത്തും ജീരകാരിഷ്ടവും ജീരകം ചേർത്തുള്ള കഷായങ്ങൾ ഉണ്ടാക്കുമ്പോൾ വളിക്കും അതിന് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്താൻ നിക്കില്ല മനസ്സിലായില്ല ജീരകത്തിലെ ബാഷ്പ പെട്ടെന്ന് വളിക്കൊണ്ടാക്കുന്ന ജീരക വെള്ളം വളിക്കുന്ന പോലെ വേഗത്തിൽ ലോകത്ത് ഒരു സാധനവും കളിക്കുകയില്ല ഒരു പത്രം ജീരവെള്ളം തിളപ്പിച്ചു വെക്കുക വളിച്ചു നാറും ജീരകം പഴയ അമ്മമാർ അതുകൊണ്ട് രണ്ടു വെച്ചു തിന്നണ്ട സാധനത്തിലൊക്കെ ജീരകം ചേർക്കുകയില്ല എന്താ ഇന്നലെ അവിടെ അമ്മ ഇതിന് ജീരക ഇടാത്തത് എന്താ വറക്കാൻ നേരം ഇടുന്നില്ല മുളയത് നാല് ദിവസത്തേക്ക് ഇരിക്കേണ്ടതാ നമ്മളിതും കൊഞ്ഞ് ഇട്ടിക്കൊണ്ടാ മനസ്സിലായില്ല അതുകൊണ്ടാ ജീരക അരയ്ക്കാത്തത് ജീരകം ചേർക്കാത്തത് അടിൽക്കിടയിലും കയറണ്ടേ നിങ്ങളൊക്കെ പെണ്ണുങ്ങളാണോ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ രാവിലെ വിരളയിലുള്ള കൂട്ടക്കുണ്ട് അതിന്റെ ഈ എന്താ പറയാ തുണിക്കടയില് ചില്ലിനാതിരിക്കുന്ന പോലെ വീട്ടിലിരുന്ന് ചിരിക്ക നിങ്ങൾക്കുണ്ടോ ഞാനിത് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട് മാക്സിമം പന്ത്രണ്ട് മണിക്ക് ഇതാ മാക്സിമം നല്ല ചൂടിക്കാലത്ത് രാവിലെ അവിടെ കളമ്പ ചില കൊള്ളാം നാലുമണിയാവുമ്പോഴേക്കും ഓടിച്ചു അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വീടിന്റെ അടുക്കളയൊക്കെ പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ആണെങ്കിൽ വേഗം പൊടിക്കും കേരളത്തിലാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഓടിക്കും തെക്ക് കിഴക്ക് ഭാഗത്ത് ഓടിക്കും കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തു കിഴക്ക് വടക്ക് ഭാഗത്ത് ഒഴിക്കില്ല കേരളത്തിൽ മാത്രം തമിഴ്നാട് മൂലം അങ്ങോട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒഴിക്കില്ല ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ് കാരണം ഇപ്പം കിഴക്കുകൂടി വടക്കുകിഴക്കൻ മൂലം ആയിരിക്കും അതിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്നത് അടുക്കളയിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇനി മോദി ശ്രദ്ധിക്കുക എന്നിട്ട് അടിത്തോണമെന്ന് പറ നോക്കാൻ നോക്കൂ അയമോദകം എണ്ണയിൽ വറുത്ത് മുമ്പ് പറഞ്ഞ പോലെ അരച്ച് കുഴമ്പാക്കി തയ്ച്ചാൽ വായിലേ ക്യാൻസർ പോകും എണ്ണ എന്ന് പറയുന്നത് എല്ലാം എള്ള മറ്റൊക്കെ എണ്ണയ്ക്ക് പേരി തരും ആ എണ്ണയിൽ തന്നെ കലക്കുക അപ്പൊ പുഴമ്പാവും എന്നിട്ട് വായിക്കു പരക്കുക ഒരയമോദകം കൊണ്ട് മാറ്റാവുന്ന കീമിയോ റേഡിയേഷൻ നൂറുകണക്കിന് മരുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് മാറിയില്ല എന്ന് പറഞ്ഞ പരാതി ലക്ഷണം കാണുമ്പോഴേ ഇത്രേ ചെയ്യേണ്ടു കറിവേപ്പില ഇത് ഓരോന്നാ കേട്ടോ നമ്പറിട്ട് എഴുതുന്ന കേട്ടോ കറിവേപ്പില അയമോദകം വറുത്തത് എള്ളെണ്ണയും നെയ്യും കൂട്ടി എണ്ണ എന്ന് കഴിഞ്ഞാൽ നെയ്യും കൂട്ടി അരച്ച് തേച്ചാൽ വാളികൾ ക്യാൻസർ പോകും ഇതിന് കടയിലേക്കോടേണ്ട വീട്ടിലുണ്ടാവും ഇതാണൊക്കെ മനസ്സിലായില്ല ഇതൊക്കെ ഉപയോഗിച്ച കാലങ്ങളിൽ കേരളത്തിൽ ക്യാൻസർ കണ്ടില്ല ഇതൊക്കെ ഗ്രാമസൗഭാഗ്യത്തിന്റെയും കുടുംബ സൗഭാഗ്യത്തിന്റെയും നാളുകളായിരുന്നു കഷ്ടപ്പെട്ട് പട്ടണ അമ്മമാർ എന്നാണോ മക്കളെ വിദ്യാഭ്യാസത്തിനയച്ചത് അതോടെയാണ് ഈ സൗഭാഗ്യമൊക്കെ പോയി കിട്ടിയത് അങ്ങനെ പറഞ്ഞ ദേഷ്യം കുറച്ചു പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യിച്ചതോടെയാണ് ഇതി പരുവറേഷൻകാരൊക്കെ ഇതുകൊണ്ടാവൂലേ അതുകൊണ്ട് കറിവേപ്പില കരുവേപ്പില ഏറ്റവും നല്ല ഔഷധമാണ് കറിവേപ്പിലയും മഞ്ഞളും അടുക്കളയിൽ ഉള്ളിടത്തോളം കാലം കോശങ്ങളുടെ അവാന്തര പരിണാമത്തിൽ അട്ടിപ്പിക്കാൻ സെല്ലുകളോ അബ്നോർമൽ സെല്ലുകളോ കൗശിക വിജ്ഞാനത്തിൽ അതിസൂക്ഷ്മമായി ഉപയോഗമുള്ള ഒരിക്കലും കുർക്കുമിൻ മഞ്ഞൾ അതിന്റെ അതിസൂക്ഷ്മമായ അംശങ്ങളെ പുറത്തേക്ക് വിടില്ല അവരുടെ വൈദ്യശാസ്ത്രത്തിന് കുർക്കുമിനുപയോഗിച്ച് ഔഷധമുണ്ടാക്കി വിജയിക്കാനാവില്ല മഞ്ഞൾ അത്ഭുതശക്തിയുള്ള ഒരു ഔഷധമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഭാരതത്തിലെ അടുക്കളകള തേങ്ങ ചേരുമ്പോൾ മഞ്ഞളവന്റെ സ്വഭാവം കാണിക്കും മനസ്സിലായില്ല പച്ചമുളക് ചേരുമ്പോൾ മഞ്ഞളാ യോഗത്തിൽ സ്വഭാവം കാണിക്കും മരമഞ്ഞൾ മഞ്ഞളിന്റെ കൂടെ ചേരുമ്പോൾ മഞ്ഞളായോഗത്തിൽ സ്വഭാവം കാണിക്കും വെളിച്ചെണ്ണ ചേർന്നാൽ മഞ്ഞൾ അതിസുന്ദരമായി അതിൻ്റെ സ്വഭാവം കാണിക്കും അല്ലാതെ മഞ്ഞൾ എന്ന് പറയുന്ന ഒന്നെടുത്ത് അതിന്റെ ഔഷധ വീര്യത്തെ ഉപയോഗിക്കുവാൻ ശ്രമിച്ചാൽ മഞ്ഞൾ സുപ്തമാണ് മഞ്ഞളാണ് ഏറ്റവും ആക്സൺ സാധനം പക്ഷെ അവനെ ത്വരിതപ്പെടുത്തണമെങ്കിൽ അതിന്റെ ത്വരകങ്ങൾ അറിയണം അതിന് കെമിസ്ട്രി പോരാ അടുക്കിടെ പോകണം കുറുക്കുവിനടുത്ത് നിങ്ങൾക്ക് പരീക്ഷിക്കാം ബയോ കെമിസ്ട്രിയിൽ പറഞ്ഞ് നോക്കാൻ നോക്കാം എന്ന് പറഞ്ഞാൽ അവന്റെ തനി സ്വഭാവം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണിക്കണമെങ്കിൽ അമ്മമാരുടെ കയ്യിലായിരിക്കണം അവിടെ ഒരു പ്രയോജനമില്ല മഞ്ഞളിന്റെ സ്റ്റോപ്പും മഞ്ഞളിന്റെ അതും ഇതും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ ഇന്ന് വരും ഡബ്ല്യു എച്ച്ഒ നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരം കിലോഗ്രാം ഏഴ് ടൺ ഏഴ് ടൺ കോംപ്ലക്സാണ് ഇന്ത്യക്കാരൻ കൂറിക്കളയുന്നത് മുള്ളിക്കളയുന്നത് അതിലൽപ്പം പോലും ശരീരത്തെ പിടിക്കില്ല കക്കൂസിന് നിറം വരാവുന്നല്ലാതെ നരുന്നല്ല വൈറ്റമിൻ ബി കോമ്പളൊക്കെ മുള്ളുകയും ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ക്രോസെറ്റിനും അഞ്ഞ നിറം വരും അല്ലാതെ നിനക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ലേ നിനക്ക് ദേഷ്യം വരാവുന്ന കാര്യങ്ങളാണ് പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ഇരുമ്പിന്റെ ടാബ്ലറ്റ് അതിന്റെ ടാബ്ലറ്റ് ഇതിന്റെ കൂടി നല്ല അയൺ ടാബ്ലറ്റിന് വേണ്ടി ചടിച്ച് വെച്ചു പോയി ദൂർവോ കറത്തിരിക്കുമെന്നും വെള്ളത്തിൽ താന്നു കിടക്കുമെന്നും അല്ലാതെ മനസ്സിലായില്ല ആ മലത്തിന് കാന്തവും പിടിക്കും നല്ലതാണ് കഴിച്ചു കഴിഞ്ഞ് ഇരിക്കുന്നതിന് പറ്റും കൂടുതലായിട്ട് ദുഃഖരോഗങ്ങൾ ഇഷ്ടം പോലുണ്ടാവും ലിവർ ഡാമേജും ഐ ജി ജി ഹൈയും ഇരുമ്പൊക്കെ ഇരിക്കണമെങ്കിൽ അത് ഏതെല്ലാം തരത്തിൽ രൂപാന്തരപ്പെടണമെന്നറിയാതെ ഇരുമ്പ് ശരീരശാസ്ത്രത്തിന് ആവശ്യമാണെന്ന് മാത്രം പഠിച്ചിട്ട് എഴുതി കൊടുത്താൽ പറ്റില്ല അതൊക്കെ തള്ളയും തന്തയും കൈകാര്യം ചെയ്യേണ്ട ശാസ്ത്രമാണ് കച്ചവടക്കാരൻ കൈകാര്യം ജനിച്ച കുഞ്ഞിനോട് പ്രീതിയുള്ള തന്തയും തള്ളയും വേണം കുഞ്ഞിൻ്റെ ആരോഗ്യം തീരുമാനിക്കാൻ അല്ലാതെ കാണാൻ പോയി തിന്നു നിന്ന് കുഞ്ഞെന്താണെന്നും ഗർഭം എന്താണെന്നും കുഞ്ഞ് ജനിച്ചു വളരുമ്പോൾ പ്രകൃതി എന്താണെന്നും ഈ ജീവിതം എന്താണെന്നും അതിൻ്റെ വൈകല്യം എന്താണെന്നും ഒക്കെ ഒരു കച്ചവടക്കാരനെ തിരിച്ചറിയേണ്ടത് ആവശ്യമില്ല അപ്പുറത്തിൽ നിന്ന് ക്രിക്കറ്റും കണ്ട് ഇപ്പുറത്തേക്ക് ഒരു ടാബ്ലറ്റും കുഴിച്ചുകൊടുത്ത് അത് ഏതോ കമ്പനി എഴുതിയതാണ് ആ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇതും കൂടെ കഴിച്ചു എന്ന് പറഞ്ഞ് അടുത്ത ചികിത്സയും തുടങ്ങി ഇവിടുന്ന് സൈഡ് എഫക്റ്റ് ആയാൽ അടുത്തടത്തേക്ക് റഫറിംഗ് ചെയ്ത് അവിടെ ചെന്ന് വേറെ വേറെ സൈഡ് എഫക്ട് കൂടെ വന്നാൽ അടുത്തടത്തേക്ക് റഫറിംഗ് ചെയ്ത് അറിവുള്ളത് കൊണ്ടും ലൈസൻസ് ഉള്ളതുകൊണ്ടും ആർക്കും ചോദ്യം ചെയ്യാൻ പാശ്ചാതയുമായി ജീവിതക്രമം ഇതാണെന്ന് ഒരു ജനതയ്ക്ക് മുമ്പിൽ ഇതൊക്കെ ഗന്ധഭസ്ഥലത്തിലെ ഗന്ധർവഗാനം പോലെയാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചിലത് നിങ്ങൾക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ട് എൻ്റെ ഭാഗ്യം ഫത്തിൻ കൂടിയാൽ രക്തത്തിലെ ഫത്തിന്റെ അളവ് കൂടും ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ മാരകമായി കണ്ടുവരുന്നതാണ് ഫസ്റ്റിന്റെ അളവ് കൂടുതലാണ് അനീമിയ ബാധിച്ചിട്ട് ഫട്ടിന്റെ അളവ് കൂടുകയും പ്ലേറ്റ്ലെറ്റും ഹീമോഗ്ലോബിനും കുറയുകയും ചെയ്യുന്നത് നിത്യനിരന്തരമാണ് ഇന്ന് വന്ന് ആറു പേരിലുണ്ടായിരുന്നു അതിലൊരു വയസ്സായ സ്ത്രീലുൾപ്പെടെ നിങ്ങൾ അവിടെ എഴുതിയത് അതുകൊണ്ട് ആലോചിച്ചൊക്കെ വലിയ ത്രികടുക ചുക്ക് മുളക് അരച്ച് തേക്കുക അത് കഴിഞ്ഞുള്ളത് കർവത്തട്ടം പഴയ അടുക്കളകളിൽ ഉപയോഗിച്ച് എല്ലാം മഞ്ഞളിൽ നല്ല സംയോഗമുള്ളതാണ് പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയല്ല നേരത്തെയും പറഞ്ഞു ചില കമ്പനികൾ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ കറി പൗഡർ കമ്പനിയിലൊന്ന് മഞ്ഞപ്പൊടി എന്ന് മാത്രമാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എക്സിക്യൂട്ടീവിനോട് നേരിട്ട് ചോദിച്ചോ പറഞ്ഞത് ആരെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുത്ത് മഞ്ഞൾപ്പൊടി ആണ് തന്നത് എന്ന് ഞങ്ങൾ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടില്ല മഞ്ഞപ്പൊടിയെ കൊടുത്തിട്ടുള്ളൂ അതിനു വേണ്ടിയാണ് മഞ്ഞപ്പൊടിയെന്ന് പ്രല്ല് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അത്ര കണ്ട് വികലമാണ് എന്ന് സാധനം പച്ചമഞ്ഞളല്ല വരട്ടുമൾ മഞ്ഞള് പുഴുങ്ങണം പച്ചമഞ്ഞൾ പ്രവർത്തിക്കില്ല വരട്ട് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ചെമ്പിനകത്ത് വെള്ളം ഒടിച്ച് മഞ്ഞള് തിളപ്പിക്കും മനസ്സിലായില്ല അതിൽ തടയാണെങ്കിൽ കീഴ് തിളപ്പിക്കും വിത്താണെങ്കിൽ ഒടിച്ചിട്ട് തിളപ്പിക്കും എന്നിട്ട് തളച്ച് കഴിഞ്ഞാൽ വെയിലത്തിട്ട് നന്നായി ഉണങ്ങി വയ്ക്കും അപ്പോഴേ അത് കേട്ടില്ലാതിരിക്കൂ മനസ്സിലായില്ല മറ്റൊരു പശയുണ്ട് അതാണ് ഈ പുറത്തു വെള്ളം വഴി മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി വെക്കുക എന്ന് പറയും പഴയകാലത്ത് തറിയാം കുടംപുളി പുകയത്ത് വെച്ചിട്ടേ ഉപയോഗിക്കുകയുള്ളൂ അല്ലാതെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കില്ല അപ്പൊ ഈ പ്രോഗസം വീടുകളിൽ ഉണങ്ങുക പുകയത്ത് വെച്ച് ഉണങ്ങുമ്പോൾ മാത്രമേ കുടംപുടി നിങ്ങളുടെ ലിവറിന് പ്രയോജനപ്രദമായി മാറുകയുള്ളൂ കുടംപൊടി പച്ചക്കായാലും അതിന്റെ കറ നിങ്ങളുടെ ലിവറിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളതാണ് ലിവറിൽ വരുന്ന ക്യാൻസറിന് ഏറ്റവും നല്ല ഔഷധം കുടംപൊടിയാണ് അത് ഗാർസീനിയ കംബോജിയ കംബോഡിയും വന്നതാണ് ഇന്ത്യൻ അല്ല മനസിലായില്ല